നമ്മൾ റേനും റൂഫസിനും വേണ്ടി പ്രാര്ത്ഥിക്കാനായിട്ട് പോവുകയാണ് ദൈവം ഷാജിക്കും നീനയ്ക്കും ഋതികയ്ക്ക് ശേഷം ദൈവം അവർ ഒരു ട്വിൻസിനെയാണ് ദൈവം നൽകിയത് വളരെ അത്ഭുതകരമായ രീതിയിൽ ദൈവം പല പ്രത്യേക സാഹചര്യങ്ങളിലും ഡെലിവറിയുടെ ടൈമിലും ഒക്കെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ കാവലും ഒക്കെ ഉണ്ടായിരുന്നു അത്ഭുതകരമായ വിടുതൽ ദൈവം നൽകി ഇത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് വളർന്നു വരാനായിട്ട് ദൈവം സഹായിച്ചു അപ്പോൾ ഇന്ന് ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ ദീപജനത്തിൽ നിന്ന് നാം ചിന്തിക്കുന്നത് നല്ലതാണ് മത്തായി ഇരുപത്തിയഞ്ചാം അധ്യായത്തിലും ലൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തിലും അവിടെ താലന്തുകളുടെ ഉപമ പറയുന്നുണ്ട് അപ്പോൾ താലന്തുകൾ കൊടുത്ത് അതിനുശേഷം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുന്ന ഒരു വിളിയും നമുക്കവിടെ കേൾക്കാനായിട്ട് കഴിയും നമ്മൾ മത്തായി ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരാൾക്ക് അഞ്ച് താലന്ത് മറ്റൊരാൾക്ക് രണ്ട് താലന്ത് വേറൊരാൾക്ക് ഒരു താലന്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടാണ് താലന്തു കൊടുത്തത് ഒരാൾക്ക് അഞ്ച് താലന്തു കൊടുത്തു ഒരാൾക്ക് രണ്ട് താലന്തു കൊടുത്തു ഒരാൾക്ക് ഒരു താലന്തു കൊടുത്തു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ ഇതുപോലെ വ്യത്യസ്തമാണ് വ്യത്യസ്തമായ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് നമ്മുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം വ്യത്യസ്തമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരുപക്ഷെ സാമ്പത്തികമായ സ്ഥിതി വ്യത്യസ്തമാണ് നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വ്യത്യസ്തമാണ് വ്യത്യസ്തരായ കുഞ്ഞുങ്ങൾ ചിലർക്ക് ആൺകുഞ്ഞുങ്ങളാണ് ചിലർക്ക് പെൺകുഞ്ഞുങ്ങളാണ് ചിലർക്ക് ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഉണ്ട് ചിലർക്ക് പല പല നമ്മളെല്ലാം വ്യത്യസ്തമായ രീതിയിൽ ദൈവം നമുക്ക് ഓരോന്നും തന്നിരിക്കുന്നു പക്ഷേ ഇതെല്ലാം നമ്മെ ദൈവം ഏൽപ്പിച്ചിട്ട് അവസാനം നമ്മൾ ദൈവത്തിനടുക്ക് കർത്താവേ നീ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നീ എനിക്ക് തന്നു അപ്പോൾ ആ തന്നത് ഞാനിവിടെ നീ എന്നെ ഏൽപ്പിച്ചത് ഞാൻ ഈ ലോകത്തിൽ കൊണ്ട് ഞാൻ മറവ് ചെയ്തില്ല ഞാനിതാ എന്നെ ഏൽപ്പിച്ചത് നിന്നിൽ ആശ്രയിച്ച് ഞാനിതാ നിൻ്റെ കൃപയാൽ അതിനെ വ്യാപാരം ചെയ്ത് നീ ആഗ്രഹിക്കുന്നവണ്ണം നിൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറയാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മൾ ലൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും പത്ത് പേരെ വിളിച്ച് പത്ത് താലന്തു കൊടുത്തു അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തലമുറ അപ്പോൾ നമുക്ക് അതുപോലെ എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന ചില കാര്യങ്ങളുമുണ്ട് നമുക്കെല്ലാം ഒറ്റ ജീവിതമേ ഉള്ളൂ ആ ഒറ്റ ജീവിതം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടത് നമുക്കെല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ സമയമേ ഉള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ടാണ് നമ്മൾ ദൈവത്തെ പിൻപറ്റേണ്ടത് അപ്പോൾ അങ്ങനെ നമുക്കെല്ലാവർക്കും ഒരുപോലെ നമുക്കെല്ലാവർക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഒരേ അവസരമാണുള്ളത് അപ്പോൾ അവിടെ സഹോദരൻ കുറച്ച് ഫ്രീ ആണ് അല്ലെങ്കിൽ എനിക്ക് ഈ സഹോദരി എന്ന നിലയിൽ ഞാൻ ആകെ എനിക്കാകെ പരിമിതികളാണ് എനിക്ക് എങ്ങനെയാണ് ആ രീതിയിൽ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒറ്റ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്കിങ്ങനെ കുഞ്ഞുങ്ങളെ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ഗിഫ്റ്റായിട്ട് നമ്മൾ കരുതുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് മാതാപിതാക്കളായി നമ്മൾ നമുക്ക് ആ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെ ദൈവിക മൂല്യങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തി ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അവർ ആൺകുട്ടികൾ അവർ കഴിഞ്ഞു അവർ പഠിച്ചു അല്ലെങ്കിൽ വളർന്നു വന്നു അത് കഴിഞ്ഞ് ദൈവത്തെ അറിഞ്ഞു ദൈവത്തിൻ്റെ സാക്ഷികളായിട്ട് അവർ നിൽക്കുന്നു അവർ വിവാഹം കഴിച്ചു ഒരു പുതിയ കുടുംബം ഉണ്ടാവുന്നു ആ രീതിയിൽ അവരുടെ ജീവിതം ദൈവത്തിന് പ്രയോജനകരമായി തീരുന്നു അപ്പോൾ ഇതാണ് മാതാപിതാക്കളെ സംബന്ധിച്ചോളം ദൈവത്തിന് സന്തോഷമുണ്ടാകും പെൺകുട്ടികളാണെങ്കിലും അവർ ദൈവഭയത്തോടെ ദൈവഭക്തിയോടെ വളർന്നു വരുന്നു വളർന്നു വന്ന് അവർ അതാ ഒരു ഗോഡ്ലി വുമൺ ഒരു ഗോഡ്ലി മാൻ ആ രീതിയിൽ ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവരായി തങ്ങൾ പോകുന്ന കുടുംബത്തിൽ അനുഗ്രഹമുള്ളവരായി ദൈവവചനപ്രകാരമുള്ള ഒരു കുഞ്ഞായിട്ട് അവർ മുമ്പോട്ട് പോകും ഒരുപക്ഷെ ചില കേസിൽ അത്രയൊന്നും ആയുസ് ഉണ്ടാവണമെന്നില്ല ഷെക്കനെ പോലെ അവൾക്ക് പതിനാറ് വയസ്സിൽ ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പെട്ടെന്ന് ആകസ്മികമായിട്ട് കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകേണ്ടി വന്നാലും അപ്പോഴും നമുക്കൊരു റിഗ്രറ്റില്ലാതെ ദൈവമേ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചു ഇതാ ഇപ്പോൾ കുഞ്ഞിനെ അങ്ങയിലേക്ക് ഇതാ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവഭക്തയായ ഒരു കുഞ്ഞായി ദൈവഭക്തനായ ഒരു കുഞ്ഞായി നിന്നിലേക്ക് എത്തുന്നു അപ്പം നമുക്ക് ദൈവം നമ്മൾ ഏൽപ്പിക്കുന്ന ഈ കാര്യങ്ങൾ നമ്മൾ ആ രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ ദൈവത്തിന് ഉച്ച കുറച്ച് സമയമായിരിക്കാം കൂടുതൽ സമയമായിരിക്കാം നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നു അത് കഴിഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ഈ ലോകത്തിലെ ആളുകൾ എപ്പോഴും പറയാറുണ്ട് ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ വളരെ സ്മാർട്ടാണ് നല്ലത് ആ മിടുക്കി മിടുക്കി മിടുക്കൻ എന്താ ഈ മിടുക്കി മിടുക്കൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആൾക്കാരൊക്കെ ഒരു അവിടെ ഒരു കാര്യത്തിന് വേണ്ടി അടിയുണ്ടാക്കുമ്പോൾ വിട്ടു കൊടുക്കാതെ കയറി പിടിച്ച് അത് സ്വന്തമാക്കുമ്പോൾ മിടുക്കൻ എന്ന് ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ മിടുക്കൻ എന്ന് പറയുമ്പോൾ ഈ കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ എന്താ മിടുക്ക് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചിത്രം നമ്മളറിയാതെ മനസ്സിലേക്ക് കൊടുക്കുകയാണ് അതായത് എല്ലാത്തിനേക്കാട്ടിലും അവനെക്കാട്ടിലും ഒരു നല്ല ക്ലാസ്സിൽ ഫസ്റ്റ് മാർക്ക് വാങ്ങി അല്ലെങ്കിൽ എല്ലാ മിടുക്കൻ ഏറ്റവും നന്നായിട്ടൊരു പാട്ട് പാടി മിടുക്കി ഏറ്റവും നന്നായിട്ടൊരു കാര്യം ചെയ്തു പിന്നെ ഞാൻ ചിലവ് കേട്ടിട്ടുണ്ട് ഭയങ്കര ഇങ്ങനെ ഇരുന്ന് ഭയങ്കര ആക്റ്റീവായിട്ട് ചില പിള്ളേർ ഇരുന്ന് അപ്പനെ ഇട്ട് അടിക്കുന്നു അടിക്കുമ്പോൾ ആരും മിടുക്കനാണല്ലോ ഇവ മിടുക്കനാണല്ലോ അപ്പോൾ നമ്മളെന്തൊക്കെയോ ഈ കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുക ഈ എന്താ മിടുക്കെന്ന് പറയുന്നത് ഇങ്ങനെ ഈ ലോകത്തിൽ കുറേ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു കുറേ പിടിച്ച് പറക്കുന്നു കുറച്ച് അടിക്കുന്നു കുറച്ച് അത് കാര്യങ്ങൾ ചെയ്യുന്നു ഇതിനാണ് മിടുക്ക് എന്ന് പറഞ്ഞ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ കഴിയുമ്പോൾ ഇവർ യുവാക്കളായി യുവതികളായി വരുമ്പോൾ ഈ ലോകത്തിൻ്റെ മിടുക്കിനനുസരിച്ച് അവരങ്ങ് പോവും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം നമുക്കെപ്പോഴും നമുക്ക് പരിചയമുള്ളൊരു വാക്യമാണ് പതിനാറാം അദ്ദേഹത്തിൻ്റെ പതിനഞ്ചാം വാക്യം വാട്ട് ഇസ് ഹൈലി എസ്റ്റീംഡ് അമങ് മെൻ ഈസ് എൻ അബോമിനേഷൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് പതിനാറിൻ്റെ പതിനഞ്ച് അതിൻ്റെ അവസാന ഭാഗം മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറുപ്പത്രേ അപ്പോൾ മനുഷ്യരുടെ മുമ്പിൽ ഉന്നതമായ ഈ കാര്യങ്ങളല്ല വലുത് എന്നുള്ളത് ചെറിയ പ്രായം മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താ യഥാർത്ഥത്തിലുള്ള മെടുക്ക് യഥാർത്ഥത്തിൽ എന്താ വലുത് നീ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാകുന്നു ആ പ്രശ്നം അല്ലെങ്കിൽ നിൻ്റെ സിബ്ലിങ്ങുമായിട്ട് സഹോദരിയുമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നത് അതിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അവിടെ വിട്ടുകൊടുക്കാൻ ശരി സാരമല്ല വിട്ടുകൊടുക്കുന്നു അപ്പോൾ അപ്പോൾ പറയണം വെരി ഗുഡ് അപ്പോൾ അറിയാതെ ആ കുഴിഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഈ വിട്ടുകൊടുക്കുന്നതാണ് അതാ നല്ലത് അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് മുമ്പാകെയുള്ള മെടുക്ക് അല്ലെങ്കിൽ അവിടെ പറയുന്നു പെട്ടെന്ന് തെറ്റിനെ അക്നോളജ് ചെയ്യുന്നു തെറ്റിനെ അക്നോളജ് ചെയ്ത് ക്ഷമ ചോദിക്കുന്നു വെരി ഗുഡ് നല്ലതാണ് അതാണ് നല്ലത് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള മൂല്യങ്ങളാണ് ഇവരുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ ലോകത്തിലെ ആൾക്കാരെ പോലെ അത് ഇതിങ്ങനെ അപ്പോൾ എല്ലാം ഒരു പ്രത്യേക ചിലപ്പം ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് അവർ ചില ഡോൾസിനെയൊക്കെ കൊണ്ടുവരുന്നത് പോലെ ഇങ്ങനെ ആ രീതിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിള്ളേരെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രവണത ചിലപ്പം പ്രത്യേകിച്ച് കൊച്ചു ഇങ്ങനെ അപ്പോൾ എന്നിട്ടോ സ്മാർട്ട് നല്ല സ്മാർട്ടാണ് നല്ല സ്മാർട്ടാണ് എന്നിട്ട് ഇതിനെല്ലാം അവരുടെ വേഷവിധാനത്തിലാണ് ഈ സ്മാർട്ടാകുന്നത് അല്ലെങ്കിൽ ഈ വാചക കസർത്തിലൂടെ അവൾ ഭയങ്കര എന്തിനും തർക്കത്തിനും പറയും ഭയങ്കര സ്മാർട്ടാണ് പക്ഷേ ദൈവവചനം പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചോളം അവർ ലജ്ജ ലജ്ജാശീലത്തോടെ സുബോധത്തോടെ സൗമ്യതയോടെ ആയിരിക്കണം അങ്ങനെ വളർത്തണം അപ്പോൾ ഞാനിങ്ങനെ എല്ലാത്തിനും തർക്കുത്തരം പറയുന്ന കുഞ്ഞുങ്ങൾ നീ നല്ല മെടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ അവസാനം ചെറുപ്പക്കാരി വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് തർക്കുത്തരം പറയുമ്പോൾ അപ്പോൾ അന്ന് അത് ഭർത്താവിനും മെടുക്കായിട്ട് കാണാൻ ഒക്കത്തില്ല അങ്ങനെ കാണാനൊക്കത്തില്ല അപ്പോൾ പ്രിയ മാതാപിതാക്കളെ നമുക്ക് നമ്മെ ദൈവം ഈ തലന്തുകൾ ആയിരിക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു ട്രഷർ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്കൊക്കെ ഞാനും കുറവാണ് നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ ദൈവത്തോട് ജ്ഞാനത്തിനായിട്ട് ചോദിക്കാനായിട്ട് ദൈവവും വചനം പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് അർത്ഥാവേ ഈ ലോകത്തിൽ ഉന്നതമായതിൻ്റെ മൂല്യബോധം എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കയറി വരുവാനായിട്ട് ലോകവും മറ്റ് വ്യക്തികളും മനുഷ്യരും സ്കൂളും സൊസൈറ്റിയും ഒക്കെ ശ്രമിക്കും സ്കൂളിൽ ചെല്ലുമ്പോഴും Competition കോമ്പറ്റീഷൻ കോമ്പറ്റീഷൻ മത്സരിച്ച് ആരും ആരാ ഫസ്റ്റ് ആരാ ഫസ്റ്റ് ആരാ ഈ ഒരു കോമ്പറ്റീഷൻ്റെ സ്പിരിറ്റാണ് സ്കൂളിൽ നിന്ന് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ചെല്ലുമ്പോൾ ഇതെല്ലാം ഈ തരത്തിലുള്ള ലോകത്തിലെ മീഡിയ പത്രം മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാ അത് നീയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നീയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ അതാ പറയുന്നത് ഫേസ്ബുക്കിൽ ഉടനെ പോസ്റ്റ് ചെയ്യുക ഉടനെ എത്ര ലൈക്ക് വരുന്നു ഒരു സെൽഫി സെൽഫി ഭ്രമത്തിൻ്റെ ഒരു അതിൽ ഞാൻ ഇങ്ങനെ എത്ര എത്ര ദുഃഖകരമായി നമ്മൾ പലപ്പോഴും ഈയിടെ കേട്ടിട്ടുണ്ട് പക്ഷേ ചിലർ സെൽഫി എടുക്കുന്നു കഴിഞ്ഞിടെ പത്രത്തിലോ എവിടെയോ ഞാൻ വായിച്ചു അത് ഈ സെൽഫി ബ്രാന്തിൻ്റെ ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ഏതോ ഒരു കുഞ്ഞ് ഫോട്ടോ സെൽഫി എടുക്കുന്നു സെൽഫി എടുക്കപ്പോൾ അമ്മച്ച് കിണറ്റി വീഴുന്നത് പോലെയുള്ള സെൽഫി എടുത്തുകൊണ്ടിരിക്കുമ്പോണ്ട് അമ്മച്ച് കിണറ്റി വീഴും അപ്പോൾ ഇതെല്ലാം കൂടെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നു ഇത് സെൽഫി കുറച്ച് കഴിഞ്ഞപ്പം അടുത്ത ദിവസം വന്നു അതെ യഥാർത്ഥത്തിൽ അങ്ങനെ അമ്മച്ചി വീണതല്ല അമ്മച്ചി വീണതുപോലെ ഞങ്ങൾ അങ്ങനെയൊരു ഒരു എടുത്ത് ഞങ്ങൾ കൊടുത്തതാണ് അതായത് ഇങ്ങനെ സെൽഫി എടുക്കുന്നതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവത്ക്കരിക്കാനായിട്ട് ഞങ്ങളത് പോസ്റ്റ് ചെയ്തതാണ് എന്നൊക്കെ ആരോ പറയുന്നത് കേട്ടു അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ഉള്ള ലോകം മീഡിയ എല്ലാവരും അങ്ങനെയല്ല നീ അങ്ങനെയല്ല നീ നമ്മളെ ചെറുതാകണം നമ്മളെ സ്വയത്തെ നമ്മുടെ സെൽഫിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് പകരം അത് ചെറുതാകാനായിട്ടുള്ള അവസരങ്ങൾ അതിനുവേണ്ടിയുള്ള ഡിസിപ്ലിൻ അതിനുവേണ്ടി ഞാൻ പിടിച്ചുപറച്ച് ഞാൻ മത്സ്യം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല വിട്ടുകൊടുക്കാനായിട്ട് നമ്മൾ ഇതെല്ലാം മാതാപിതാക്കൾ എന്ന നിലയിൽ നമുക്ക് നാം നിസ്സഹായരാണ് നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവേ ആ യഥാർത്ഥത്തിൽ ആ എനിക്ക് നൽകണമേ കർത്താവേ ആ മൂല്യബോധങ്ങൾ എനിക്ക് ലഭിച്ച് അതിനനുസരിച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകാൻ എന്നെ സഹായിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറയുമ്പോഴാണ് ദൈവത്തിനെ നമ്മളെ സഹായിക്കാനായിട്ട് പറ്റുന്നത് അപ്പം ആരും അപ്പം മാതാപിതാക്കളും നമ്മളാദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്മയും നുറുക്കവും വളർന്നു വരണമെങ്കിൽ മാതാപിതാക്കളായ നമ്മളും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ ഞാൻ മെടുക്കനല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കർത്താവ് എനിക്കും കർത്താവ് എൻ്റെ സ്വാഭാവികമായും മെടുക്കുകൊണ്ടിത് കഴിയില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കർത്താവെ എന്നെ സഹായിക്കണേ കർത്താവെ എനിക്ക് തെറ്റിപ്പോയി നമ്മൾ തെറ്റുപറ്റുമ്പോൾ നമ്മളത് സംവദിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ നമുക്ക് തെറ്റുപോയി തെറ്റുപറ്റി കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന സുതാര്യമായ അങ്ങനെയുള്ള മാതാപിതാക്കൾ നമുക്ക് ആ രീതിയിൽ ആയാ ആ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രത്യേകിച്ച് റൂഫസും റയാനും റൂഫസും അവർ രണ്ടുപേരും ഒരു ട്വിൻസാണ് ട്വിൻ ബോയ്സാണ് അപ്പോൾ അവർ വളർന്നു വരുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ ബോയ്സിനെ വളർത്തുന്ന ഒരു ചലഞ്ചാണ് എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് എനിക്ക് കൂടുതലറിയില്ല ഞാൻ പലപ്പോഴും പല വീടുകളിലും ബോയ്സിനെ കാണുമ്പോൾ ഞാനങ്ങനെ അവരുടെ പ്രത്യേകിച്ച് അവരുടെ ടീനേജ് അവരുടെ ഇതിലൊക്കെ അവരുടെ പല ഇതിലൂടെ പോകുമ്പോൾ കർത്താവ് എനിക്ക് എനിക്കിതിനുള്ള ഒരു ഗ്രേസ് ഇല്ലായിരിക്കും അതുകൊണ്ടായ കർത്താവ് നീ എനിക്ക് ആ ഒരു ആ ഒരു ഇതിലേക്ക് എനിക്ക് തന്നില്ല പക്ഷേ അതിനകത്ത് ദൈവം ഒത്തിരി എന്നാൽ നമുക്കൊത്തിരി നല്ല മാതൃകളുണ്ട് ആ രീതിയിൽ ആൺമക്കൾ ദൈവഭക്തരായി വളർന്നു വന്ന സാക് ബ്രഹർ തന്നെ നാലാൺമക്കളാണ് നാലു ആൺമക്കളും ദൈവത്തെ അറിയുന്നവരായി ആ രീതിയിൽ വന്നു നമ്മുടെ റജിബ്രഹർ മൂന്നാൺമക്കളാണ് അങ്ങനെ ഒത്തിരി പേര് ആൺമക്കളുള്ള ആൾക്കാരുണ്ട് ദൈവം നമ്മെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ ആവശ്യമായിട്ടുള്ള കൃപ നമുക്ക് നൽകട്ടെ ദൈവം അവരെ സഹായിക്കട്ടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഷാജിയും നീനയും കുഞ്ഞുങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നാട്ടെ ജോജിബേറും ജോസ് ബ്രഹറും കൂടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാം